മുൻഗാമികളത് നിഷേധിച്ചതല്ലാതെ ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞത് മറ്റൊന്നുമല്ല സമൂദ് ജനതയ്ക്കു നാം വ്യക്തമായ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ നൽകി എന്നാൽ അവർ അതിന് ക്രൂരത കാണിച്ചു ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്